ഒന്ന് മാരൂമിന്റെ ഷറഫ് മറ്റൊന്ന് സമറാത്തിന്റെ ഷറപ്പ് ഈ പഠിപ്പിനുടെ പ്രതിവാദ വിഷയം എന്താണെന്നല്ലേ മാരൂമാത്ത് ഈ പഠിച്ചാൽ എന്താ കിട്ടുക സമറത്ത് രണ്ട് നിലക്ക് നോക്കിയാലും അഫലപ്പുറ ആദ്യം പറഞ്ഞു വെച്ച നോക്ക്റഫു ഷറഫിൽ മാരോമി സമറാത്ത് ഈ രണ്ടെണ്ണം നോക്ക് ഓർന്നില്ല ആ എന്തു ഫൽമില്ല ബസിഫാഫ് മിനൽ ഇൽമി ബകുല്ലി മാഅലൂമിൻ എന്തുതരം മിൻജി ഹതി അന്ന മുതല്ലഖു അശറഫുൽ മാഅലൂമാതി വാകമലുഹ മ മാഅലൂമിൻ ഷറഫ് നോക്കിട്ടാണ് ഇപ്പറഞ്ഞത് ഇനി എന്തോ പറയാൻ മാക്കണ്ട സമറാതിന ജയത്തിൽ കൂടി ജർഫുരണ്ട് വലി അന്ന തമറാതി മാറഹു അസ്മലുസ് തബറാതി അൽമതൊന്നും എന്നാലാണ് മാലൂമാതിൻ മുതല്ലഖു നോക്കിട്ടിൽ അശറഫായി കാരണ സമറാത്ത് അफनाയുടെ കൊണ്ടല്ല എന്നല്ല പറയുന്നത് ജഹയ കേണ്ടില്ല രണ്ടിൽപ്പെട്ട രണ്ടെണ്ണം പറയണ്ടേ അപ്പൊ അവിടെ കൊണ്ടുപോകണമെന്ന് അവിടെ എഴുതി കൊടുത്തിട്ടുണ്ടല്ലേ അല്ലു വലി അന്നൽ ബാവിൽ അതഫി അതഫിന്റെ വാഗു കൊണ്ടുപോകണമെന്നാണ് മാരു അറിയുന്നത് സമതാത്തിന്റെ ജയത്തിൽ കൂടിയും പറയണം മാരൂമിന്റെ ജയത്തിൽ കൂടിയും പറയണം മാരൂമ് അശ്വരപ്പാമ പറഞ്ഞു അന്നാത്തിൽ സിപാദിനേക്കാളാണ് അമലായ മറ്റൊന്നുമില്ല പിന്നെ വലി അന്ന സിമാറഹു ഈ ഒരുവന്ന് കൊണ്ടു കിട്ടുന്ന നേട്ടം അത് ഇതിലേക്ക് തുടങ്ങുന്നു തമറാത്ത് കൊണ്ട് ഇൽമിന്റെ ദുരക്ഷ കയറുന്നത് രണ്ടുമുട്ട് നിർമ്മിച്ചുകൂടിയിട്ടുണ്ട് ചില തമറാത്ത് ഉണ്ടാവും ഇപ്പൊ നെയ്ത്ത് പണിയാ കൃഷിപ്പണി ആപ്പുതല് മൊത്തം ഇവർ സമറാത്തിലേക്ക് നോക്കിയാൽ കൃഷിപ്പണി ആപ്പുതന്നെ കാരണം ജീവൻ രംഗ നിർത്താനുള്ള ഭക്ഷണം മുതലാകെ നിൽക്കുന്നതിന്റെ മുകളിലാന്ന് കൃഷിപ്പണി മൊള്ളാണ് നിക്കുന്നത് അതേ സ്ഥലത്ത് നെയ്ത്ത് പണി നമുക്ക് ചപ്പും കുറച്ചോ കടലാസം ഉണ്ട് അഴിവത്ത് വറക്ക അത്രയും വലിയ പ്രശ്നമില്ലാന്ന് അപ്പൊ പല്ലു ഡോക്ടറാ ഹാർട്ട് ഡോക്ടറാ പുതലി പല് ഡോക്ടർ കാരണം പല്ലില്ലെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ പല്ല് വെക്കുക ഹാർട്ടിന്റെ പ്രവർത്തന സങ്കീർണ്ണമാണ് കൂടുതൽ ആവശ്യം അത് മാർട്ട് ഡോക്ടർക്ക് പൊതുലെത്തുകയും ചെയ്യും അപ്പൊ കമറാത്തിന്റെ ജീവിതാണോ ഉണ്ടാക്കുന്ന വലിയ അന്നം കുറവ് പുതിയ തുടങ്ങുന്നത് വട വാണമെന്നാണ് വേണ്ടത് അതിന് ഞാൻ മനസിലായില്ലേ مقالا فين نموبر برنبادة ذكير ثمرات المعرفة بالله الله فين المعرفة قلت الله ثمرات فرميني فذكر انت الله ثمرات من, من الاتصاف من اخلاق السنية محتراً لآيا اخلاق قلت اتصاف صبر شكر ثوبة زهد قناعة للا محبت ونس رحمت ഇങ്ങനെന്തോണ്ട് കിട്ടിയത് എന്നാലും കിട്ടി മാത്രമല്ല ബാധ പ്രസഹീതനല്ല ഔസാബി ധനീയത്തായ എല്ലാ ഔസാബ് ശുദ്ധീകരിച്ചതിന് ശേഷം ആ ശുദ്ധീകരണം തന്നെ വലിയൊരു പല ആ നേട്ടത്തിന് പുറമേ കിട്ടുന്നത് അപ്പം ഈ സഹലിയത്താ ഈ പറയപ്പെട്ട ഒന്നേ ഉണ്ടാക്കി തന്നില്ല അവർ ഇന്ന കാലം വാജിബാൻ ഇന്ന കാലം ഇന്ന കാലം ജാഹിദ ഇന്ന കാലം സുന്നത്താം ഇങ്ങനെ കുറെ വേദി ഒരിക്കലും ഇങ്ങനെ പറഞ്ഞുണ്ടെന്നും മനുഷ്യന്റെ സ്വഭാവം നന്നായിക്കൊള്ളണമെന്നില്ല സുഹൃദ് ഉണ്ടായിക്കൊള്ളുന്നില്ല തവക്കൽ ഉണ്ടായിക്കൊള്ളുന്നില്ല അത് വേറെ വേദിയിൽ നിന്ന് പഠിക്കണം അങ്ങനെയാണെങ്കിൽ വലിയ ഫിക്കുകാത്ത അടിഞ്ഞു ആയിട്ട് അത് കൂടിപ്പറിക്കുന്ന ആള് ചർച്ച ഭാഗികളെ ഏറ്റവും മുന്തിയാൾ കൈമാറണ്ടേ അതൊക്കെ താന്നില്ലല്ല ഓർക്കായിരിക്കും വെറിയ അധികം കാണിപ്പോ അതിനെന്താ തെളിവ് വയൽ അതിന് നമ്മൾ തെളിവ് ിൽ ബുക്കുലി അൽവക്കു സംഭവങ്ങൾ തന്നെ ലോകത്ത് സംഭവിക്കുന്ന സംഭവങ്ങളെ തന്നെയാണ് ഇത് തെളിവ് അഹതും അസുവും പോരും പാരവെക്കലും ഏ അതാക്കലും പുറത്താക്കലും കഫറാക്കലും ഒക്കെ തുടങ്ങി ആരും അടിക്കൊന്നും കാണില്ല വലമായി ഒരുപാട് ഫിസ്ക് ഇന്ന് ഫാശിയായി കാണുന്നുണ്ട് ിച്ചു ബാൽ മാുണ്ട് കതിഷ്ഠകൾ ഫലാധിപത്തി പലസപ്പക്കാർ അക്ബാലെ കൊണ്ട് ചൂടാറ്റി കാണുന്നുണ്ട് ബല്ലുട്ടിട്ടിങ്ങനെ കെട്ടിക്കെറ്റി പറയുന്നു പലസപ്പക്കാർ അക്കബാലെടുത്തിട്ട് അതിനെ ഇപ്പം ചർച്ച എന്തിനുഭാത്തിലും വിലാഹിജത്തിലും നബുബാ ഏത് മുഹമ്മദ് റസൂർ ചർച്ചയിൽപ്പെട്ടതാണ് ഏത് ചർച്ച അപ്പൊ ലാഹ്ലേതല്ല വരിക അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ മലായി കിട്ടും ഇലാഹിയത്തിന് വരിക അപ്പൊ ഇമാൻ കാര്യത്തിന്റെ ആറ് കാര്യവും ലാഹി അള്ളാഹു മുഹമ്മദ് എടുക്കി ലാഹ് ഇലാഹിയത്താണ് അള്ളാഹിനെട്ട് വിശ്വാസം അള്ളാഹുവിന്റെ വിശ്വാസവും അള്ളാഹുവിന്റെ കതായകഥൽ കൊണ്ടുള്ള വിശ്വാസം അതിൽ പെട്ടു ഇലാഹിയത്തിൽ പൊട്ടു ഇമൻകാജി ആരല്ലേ ആ ഒരു കാര്യത്തിൽ ഇലാഹുലാഹിന്റെ വിടുക അള്ളാഹു വിശ്വസിക്കല് പിന്നെ കഥായകഥല് കൊണ്ട് വിശ്വസിക്കല് ജോമുല്ലാഹോട് വിശ്വസിക്കുന്നു കാരണം അള്ളാഹുവിന്റെ കുതിരത്തിന്റെ തമാണിത് ഈ രോഗം മാത്രമല്ല ഇള്ളനെ മാറ്റിപ്പടക്കാനും കഴിയും എന്ന തമാമിൽ കുതിരത്തിന്റെ ഇമാൻ കൊള്ളാണ് ഏത് പോകുന്നത് യോമല്ലാഹന് പോകുന്നത് മഹ്ലോക്കിന്റെ വിശ്വാസം ലാഹനെതിന് മൂന്നെണ്ണം പെട്ടിട്ടുണ്ട് ഇവർ അമ്പിയാക്കളാകുന്നു അമ്പിയാക്കളുമായി ബന്ധപ്പെട്ടാണ് കിതാബ് മലായിക്കെത്തും അമ്പിയാക്കൾ അമ്പിയാക്കളെ ദാത്ത അമ്പിയാക്കളെ ദാത്തന്യായി മറ്റൊന്ന് കിതാബ് മലായിക്കെത്തും മലക്കടല കിതാബ് ഒക്കെ കൊടുത്തു മുഹമ്മദ് റസൂലത്തിന് മൂന്നെണ്ണം കൊടുത്തു അലിയും നോക്കിയല്ലേ കാല നിയമനല്ലെന്ന് പറഞ്ഞ വിളിച്ചു ഞാൻ വന്നിട്ട് അവന്റെ ഇപ്പൊ അക്കി ആക്കുന്നു നല്ല കഴിയാന്ന് അറിയല്ലേപതിലേരി വൈബുതിക്ക് ചിലവാണ് ഞാനുണ്ട് അക്കിരും ഈ ആക്രാമിന്റെ വരെ മാത്രമല്ല അല്പട്ടെ രണ്ട് മാമക്കഥാ ദാനിയും ദീനത്തിന്റെ പുറത്തുപോയി ആളുമുണ്ട് ഇത്ര തോന്നിട്ടുണ്ട് ആ വമിന്നും ചെലവക്ക് ശക്കിമ്പ കഴിഞ്ഞുകൂടിയാടുണ്ട് ഹിന്ദു ചെലവത്തു ശക്കെന്താ തർജീഹാകും ചിലപ്പോ മുത്തുലാൻ എനിക്ക് തർജ്ജീഹുന്നുണ്ടാവില് കുടുങ്ങിട്ടെ എത്ര ജഹിന്ദഹു ശക്രില്ലേ ആ സുമ്മ പിന്നോട് ഓർ പറയുന്നു ആരെ നമ്മടെ يبين الرسول ها فكيف يوضع بين العارفين وبين الفقهاء يعني انا عارفين دي فقهاين دي اداره تصفيه لذلك والعاريفون افضل الخلق عارفين الافضل الخلقا واتقوا الله سبحانه وتعالى كثيرون تقوا تين بهم ابراغون والله سبحانه وتعالى يقول ان اترمكم عند الله يا تقاكم ഏറ്റവും തക്കവയുള്ളവരാണ് അള്ളാഹിനടുക്കൽ നിങ്ങളിൽ നിന്ന് അക്രം എന്ന് പറഞ്ഞു എന്നാപ്പോ നിഷ്കാരം ഉണ്ടാവുമല്ല ഇന്നമായ സ്വല്ലാൻ ഇബാതി അള്ളാഹു നിന്ന് അള്ളാഹിനെ പഠിക്കുന്നത് മുലാഖന്മാറാകുന്നു അന അല്ലുലമാവെന്ന് വന്നാൽ ആര് മുലാക്കന്മാറാന്നെല്ലാടും നിങ്ങൾ കൂട്ടും വാങ്ങിച്ച് അല്ലുണ്ട് ചോദ ഓട്ടുണ്ട് മഞ്ഞക്കോട്ടുകൊണ്ട് അങ്ങനെയുള്ള മുലക്കന്മാർക്ക് ഹസീത്തിന്റെ ഹസീത്ത് കാണുന്നില്ലല്ലേ നമുക്കിവിടെ അതാതിന്ന് പറഞ്ഞത് അള്ളാഹുനെ കൊണ്ട് ആരി അൽമാണുദ്ദേശിക്കുന്നത് അള്ളാഹുനെ കൊണ്ടും അബി സിഫാത്തി കൊണ്ടും ആരിഫായ ാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കൊണ്ടറിഞ്ഞ മൈലാക്കന്മാരല്ല അവിടെ ഉദ്ദേശം അഹക്കാവ് മാത്രം പഠിച്ച മൈലാക്കന്മാർ മേരി ആയത്തിനെ ചുമത്തൽ ജായില്ല കാരണം ഓർക്ക് ഹസിയത് ഇവിടെ കാണുന്നില്ല ഹഷിയത്ത് അവരിൽ മാത്രം ഹൈസറാക്കി ഇത് കാണണ്ടേ ഇന്നമായിട്ട് ഹൈസറാക്കിയില്ലേ ഹഷിയത്ത് അല്ലുലമാവിന് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഇവർക്ക് ഹഷിയത്തുള്ളൂ എന്നല്ലേ ഇവർക്ക് ചിരിയല്ലേ ആണെന്നു ഇരിക്കോ ഹഷിയോളം ചിരിയും പോസ് അറിയാൻ എന്താൽ ഹാലിബല അതിലായ ജോസിന് ഇല്ലത്ത് നബീഖില്ലത്ത് അദമുൽ ഹസിയത്തി ഹസിയത്ത് കണ്ടുവരുന്നത് അതുകൊണ്ട് വാ കലാമുല്ലാഹി അല്ലാന്റെ കലാമി സിദുൻ അദി സിക ഐരിക്കണം ഫലാ യുഹമറു ഇല്ലാമൻ അറാലമൻ അറഫഹു വ ഖസിയഹു അല്ലാഹുനെ അറിയുകയും അതിനെ തിരിച്ചറിഞ്ഞതുണ്ടാവുകയും ഖസിയതുണ്ടാവുക അവരമേൽ മാത്രമേ ജമത മടമുള്ളു മെനക്കമാർക്ക് സത്യത ഉണ്ടെന്ന് തോന്നാതില്ല അയാനു ഹിമതുള്ളതങ്ങനെ വാചികയിൽ മീലിയാമാർ എന്നോ ൊട്ട് വന്നിട്ടുണ്ട് അല്ലുലമാരിഫി നബി ആണ് ഉദ്ദേശിക്കുന്നത് എത്തരത്തിൽ ആരാന്നറിയോ ഖുർആാൻ ഖുർആന്റെ ഏറ്റവും വലിയ മുഖത്തരാണ് അവർ ഇബിൻ അബ്ബാസ് ഓർ തഫ്സിന് അപ്പുറം പറയാൻ പറ്റില്ല ഓരോ അറിയാത്തതല്ലോ وإن كان عالما بالله تعالى وباحكامه انه عند الله وحده مرى احكاما ندون عرفي فقيها و صوفياي له ف هذا من السعداء في النوادر صدقوا و إن كان من اهل الله والالعارفين رب الله الله وحده கொண்டوا العارفين هايتي احوالهم قوا ن ف هذا من اقوى العارفين هايما ഡിഗ്രി അങ്ങ് കേറുന്ന അവരെല്ലാം ഒരുമിച്ച് കൂട്ടിയ മുഴുവനും ഇവന് കിട്ടിയിട്ടുണ്ട് വിശേഷി സോഫിയത്ത് പറഞ്ഞു അതിന്റെ അപ്പുറം എന്താക്കി അവർക്കുള്ള അഹബാളെല്ലാം മൊത്തസിഫായും ചെയ്തു എന്നാ പിന്നെ എന്താ വക്കെ അല്ലേ എല്ലാത്തിൽ പൊട്ടാണല്ലോ മാറും പറ്റി മനസ്സിലാക്കേണ്ടത് ചെറിയ പറ്റി തരണ്ട് ഞാനും പറഞ്ഞു അലാ തൻസാരി സൂപ്പിയാക്കള കലാമ തിരിയുന്നു അപ്പൊ സൂപിയാക്കള കലാമം തിരിയാത്തവർ നാടം അല്ലേ ഇതിലായിരത്തിഇരുന്നൂറിലെ കുത്തുബാൻ ആയിരം കൊല്ലത്തെ കുത്തുബാൻ ലോകത്തിന്റെ കുത്തുബാണെന്നാണ് അവരെ പറ്റി പറഞ്ഞത് സേഫുൾ ഇസ്ലാം കാര്യങ്ങളെ പറ്റി ഓർ ഫിക് പറഞ്ഞ കാര്യം കാട്ടിടക്കുന്നതിനെ പറ്റി പറയുന്നേ അതല്ല ഓർക്കെങ്ങനെ കുഷേരിമാമിന്റെ കരാമി അർത്ഥം കിട്ടുന്നു അങ്ങനെ മനസ്സിലാക്കി നദീ ചേർന്നങ്ങളെ പറ്റി പറയും ഫിക്കുമെന്നറിയാതെ വെറുതെ ഇങ്ങനെ കുറിഞ്ഞെല്ലാം നടക്കുന്ന ആള് അവർക്ക് കിക്ക് അറിഞ്ഞില്ല അങ്ങനെ ഇപ്പോൾ പട്ടിഷ്യൻ അങ്ങനല്ല മുംകാളല്ല എല്ലാ ദേശ അതുകൊണ്ടാണ് ഷാഫി മാമനെ പോലെ മഹാൻമാർ ഔര്യാക്കൾക്ക് വേണ്ടുന്ന അടിസ്ഥാനപരമായ ആറ് കാര്യം എന്താണോ അത് മുഴുവനവർക്ക് നിറഞ്ഞവരായിരുന്നു കുമ്മലിയ ഊരിയാകണമെങ്കിലേ പദവി എന്നല്ലോ എന്തല്ലോ وقبل فقاحت في مصالح دينهم ويروث من رضي تفقهوا ضرب اللاء قارن دتو فقاوا كطابعوا في فقههم اللي عمل فقاهه ملك الله يقول فيهم اضن جال لا غير فتب في الجميع فتفول نيه الذين بميتنا منو उपदेशिक अड के अब इनदे ती तेती दाने नीकنده ും അയ്യൽ ഒന്നാം ചോദ്യം ഇനി ഇവിടെ പറയാനുള്ളത് ഇൽമ മുട്ടാറ്റിയല്ലേ ഇൽമ്റാക്കുന്നല്ല അവര് എന്താക്കുന്നു അവരെ മൂലക്കിന് തസ്മോക്ക് മൂലക്കു കൂടെ ആരും രംഗത്തൊന്നും ഇതില്ല നമ്മൾ എന്താക്കിന് മുഖാമുഖം വെച്ചിന് കാലം കെട്ടിന് വലിയ കാലം കെട്ടിട്ടാ വേറെ പറഞ്ഞ ലക്ഷം ലക്ഷം ആളാ നമ്മളെ വേറെ വന്നത് കാലത്തു കുടിച്ചോറാക്കി കൊടുത്തിട്ടുണ്ട് അവിടെ മുത്താർത്തിയായ ഇൽമേ കാണാ നിങ്ങൾ മൂലക്കരിക്കുന്ന ഒരേ കാണാതെ ശരിയായി പക്ഷെ മുത്താർത്തിക്ക് വ്യത്യാസം നിങ്ങൾ പറഞ്ഞ കാലം കെട്ടിക്ക് കേക്കാര് മാത്രമായി പോയി മറ്റോ മൂലക്കാർ ഇന്ന തന്നെ എന്നാൽ തന്നെ മുത്താലായി ഒരാട് ഇണ്ടായാൽ മതി കൊണ്ട് اراد يا ولد حال رجل في حال رجل اهمفرو وكا هو من قال انكاريتيวะ الاولോ抜きලා అనుబല്ല വാമാ ഖൗലു മങ്കാര അന്നല്ലമൽ മുതഅദ്ദിയ ഖൈറു മനൽ ഖാസിർ എന്ന് പറഞ്ഞല്ല അത് பைனஹு ஜாஹிலு யஹകാമില്ലാ അല്ലാഹു ने हाकाम கொண்ட ஜாஹில ആയി கொண்ட பைனறு அன்று ಮಾತ್ರ மால баൽൽ അമലൽ ഖാസിരി കാത്തിറന്നിച്ച് ബാറാക്കടക്കാത്ത കാത്തിറ അമലിനുണ്ട് അഹവാലും കൊറേ അഹ്ണ്ട് ഈ അഹബാല് കുട്ടിടുന്ന പോരെ ഓര കണ്ടിട്ട കൊറേ സുഹൃദ് പറിച്ചി ഓരവാദിച്ചിട്ട് കളം കട്ടില് മാത്ര മുത്ത ബാറാക്കലെന്ന് പറഞ്ഞത് കാത്തിട്ട് കൊടുത്താല് ഞാൻ പിന്നെ പഴയ കാലത്ത് കാച്ചിട്ടിറങ്ങിയിട്ടില്ല രണ്ടു ഹീന കാച്ചിറങ്ങി ആ പയനും പാലും ഉണ്ടാക്കിട്ടില്ല ഇല്ല കാളും കിട്ടിയിട്ടില്ല ഏഹ് പിന്നെ അയ്യാ ചോദിപ്പൊത്ത് കയറ്റിട്ട് പിക്കപ്പിൽ കയറ്റിയിട്ട് മുള അത്തണി തൂണി കയറി ഇതെല്ലാം കിടക്കിട്ട് കസേനെല്ലാം പറ്റി മുഖാൻ പോകാം അവിടെ കുഞ്ഞം പിള്ളേർ ക്രിക്കറ്റ് അടിക്കുന്ന മൈതാനിണ്ട് ആടെ കൊണ്ടും പോയിട്ട് അടിച്ചിട്ട് ചോദിക്കാൻ പാ ചോദിക്കാൻ പോ ചോദിക്കാൻ പാ ചോയ്ക്കാമ്പ ആയിക്കോട്ടെ ഉള്ള ആൾക്കാന്താ ചോദിക്കണ്ടേ നിങ്ങപ്പങ്ങൾ ചോദിക്കൂലക്കാന്ന് ഇതിന്റെ തൊണ്ട മാറുന്നത് യഹദാഹ അന്യകൂന അഫദലൽ മിനൽ മുതഅദ്ദി ഖാസിബുന്നന ബറകാ കുട്ടടകാ മനസിൽ തന്നെ ഒങ്ങി നിൽക്കുന്ന അമൽനെ പറയുന്നു അത ചില അഹവാലുണ്ട് അദംതാ കുദ്ര മുതഅദ്ദിനാകണ അഫദലഹകലി നിബി അന്യകൂന അഫദലൽ മുതഅദ്ദി മുതഅദ്ദിനാകണ അഫദലകും തൗഹീദി വൽ ഇസ്ലാമി വൽ ഈമാൻ തൗഹീദി ഇസ്ലാമി ഈമാനെ ഹദമുദറൈവില്ല ഇതിനെ പറ്റുള്ളതന്താ മുതഅദ്ദിനെ ബറകാ പറന്നുകൊണ്ടിരിക്കുന്ന ചില ಲೋಮಿನ ಅತನ ಅಪದರಲ್ಲದು ವಕದಾಳಿಕ ತಸ್ಬೀ ಅಖಬತ್ ಸಲಾวาತ್ಿ ಸಲಾวาತ್ ನಿ ಶೇಷಮದ ತಸ್ವೀ ನೋಕಿಯತೆ ಅವಡ ಮುತಾದ್ದಿ ಅಲ್ಲಲ್ಲದು ಮಹಾ ಆಂದ್ಾಯ ಇನ್ನು ಜಲ್ಲಲ್ಲೇ ಬಂದಿ ಫೈನ ರಸೂಲಲ್ಲಾಹ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಮಾರಿದುಂಡು ಫಲ್ಲ ಲಹೂ ಅರತ ತಸ್ದಿಕ್ ಸದಕ ಓರ್ಗಿನಾಕಲ ಅಪೋದನಾರ ಸದಕ ಮುತಾದ್ದಿ ಅಲ್ಲೆ ಅಂಡಿಗೆಸಿರಲ್ಲೆ ಪೈಸಾ ನಿಮಗೆ ಗೆಟ್ಟಿ ಇತೆ ನೀವು ಚೋರ ಮಾಡಿ വെಕ್ಕಿರಾನಲ್ಲೋ ಸದಕil ಇಂದ ಮುತಾದ್ದಿ ಅಂತ ಮಾರಾ ಕಿಟ್ಟನದು ಅದಿನಾಕಾಣ ಅಪದರಲ್ಲೆ ಏದು ವರ್ದನ അപ്പൊ കാത്തിറായ അവൻ എന്താ ഈ മുത്താഹിനെ അഫലിയുടെ പറഞ്ഞു ഇടുന്നു അപ്പൊ ഗുലിയാത്തിൽ പെട്ട അല്ല സുമ്മ പിന്നെ ഇവര് പറയുന്നു പൈൻകാലത്ത് മസുലഹത്ത് ഉൽ കാത്തിരി മുത്താത്തി എനി പറയാ കാത്തിറായ ഒരു മസുലാഹത്തുണ്ട് هذا متعديا يمسلحة أنها كانت أصلا لها رنجل إلا قرام قادرنا رأيدي صند النفسي لك ماتور رنجل كدر مصلحة ماتر مصلحة أنت بارات مغوري كدو إلا قدمت على المتعدي متعدينا كان منذكرم إلا قادرنا مصلحة لنا എല്ലാ മൊത്താദീന്റെ മസലാഹത്ത് നോന്തിക്കണം നോക്കപ്പോ കാസരന്റെ മസലാഹത്ത് അപവരാം എന്തിനേക്കാണ് മൊത്താത്തിന്റെ മസലഹത്തിനെ കാണാം മൊത്താബിക്ക് മസലാഹത്ത് കുറവാം അത് അന്യാം കൊണ്ട് കാസറായ മസലഹത്താണെന്ന് മുന്തിക്കപ്പെടേണ്ടത് ആടെ മുത്താർജ്ജിയാണല്ലോ എന്നുള്ളത് നിലനോക്കൂല ാണ് ആണെങ്കിൽ അർജഹ അതിനാണ് മുന്തൂക്കമെങ്കിൽ അലൽ കാത്തിന് മുന്തിക്കണം അപ്പൊ മുത്താണോ കാസനാണോ എന്ന നിലപാടിൽ കൂടി എല്ലാം ഇതാക്കണ് അഖുദീമം തർജീഹം പോകുന്നത് ചിലപ്പോൾ നക്കിഫു നമ്മൾ അറിയും അല റുജ റുജ നമുക്ക് അറിഞ്ഞു വരും അപ്പൊ റാജിനെന്തിക്ക് വതാരതൻ ജനപോൽ യനസു 샤രിഉ ഷാരി നജറ അല്ലാഹു റസൂലു വിശദീഗരിച്ചു ദതം ала തഫ്ലീൽ അദിൽ ലിൽ മൈനി രണ്ട് ഇൽമിൽ പറ്റ ഏതാണ് അഫദല എന്ന് ചോദിച്ചാൽ ഷാരിക്ക് പറഞ്ഞു നമുക്കെന്നെ രുജാൻ ദിലില്ല അപ്പോൾ പറയ സബക്ക ഉടുക്കല്ല സുബ്ഹാനല്ലാഹി ജല്ലല്ലഹ് നോക്കിയോത് മാനായാ അപ്പോൾ നമുക്ക് ബുദ്ധി ഉണ്ടാലേച്ച കിട്ടോ സബക്ക കേറിയാ അപ്പോൾ എന്നെ കിട്ടാ ഷാരി പറഞ്ഞാ നീ ഫന ഖദ്ദീമു അപ്പോൾ ഷാരി പറഞ്ഞു മുന്നിച്ചോളാ اور مبتکا طاللا وللم نقيف لمك ترينو الا رجحان و طرط الا نقيف على الرجحاني رجحان ما له متدي ديدلا وللم نقيفنا فنقدمه وللم نقيف مندیکار ഉള്ള ಕಾರಣ തെഞ്ഞിട്ടില്ലെങ്കിലും шаരിയ പറ നമ്മുങ്ങന കൊടുക്കുന്നു എന്താണ് അഫ്ല എന്ന് പറഞ്ഞാൽ അതന്നെ അഫ്ല അല്ല നമ്മളെ ജോഗ് രാത്രി മുറുന്ന സുന്നത്ത് കേരിക്കുന്നതിനെ വിച്ചാൽ ഒരാൾ രാത്രി കിട്ടാബ് നോക്കുന്നു ഇരുമു ചോരാകുന്നു ആരിക്കും ബുദ്ധി കൊണ്ടാണ് ഈ ചാർ അയ്യ് കിട്ടുക ഈ മാതൃത്താക്ക അയാൾ എത്ര പാസ് ചോദിപ്പാ എത്രമാന ഉണ്ടായി എത്ര എല്ലാം എത്ര അത്തരം എത്ര സ്ലാ തല്ലി എത്ര ഉപ്പു എത്രണ്ടാവും യുതിയെ തന്നെയാ അപ്പം ചേട്ട് ഇയാളെ കിട്ടാൻ വന്നു തന്നിട്ട് ഇയാൾക്ക് അപ്പം ചേട്ടാ പക്ഷെ ചാരി പറഞ്ഞു പോയി അപ്പുറം ابار وجهاد وجهر لللجل ثم تنديل لجل اورگی چوڑا و تاراتن لا نتیفل الروجہانی روجہان کاڑن نہ نمک تریجولا و نا نجدنا استیذ ولتفنیل تفنیل نمل عریکن رس گٹیٹل دونوں دیاندا ورا اپ فلیسل لا اپ نمک باڑلا ان نجعل القاصر افضل المتعدی ول المتعدی افضل من القاصر ونوں مندی گانا مندی گانا گے جاوند کےلاں ഈ മുന്തിക്കലും പിന്തുക്കലും എന്നതെന്താണ് മൗക്കൂഫൻ അല്ല അതില്ലത്തിയത്തിൽ ബന്ധപ്പെട്ടിരിക്കുകയാണ് അത് വരാത്ത കാലത്തോളം നമുക്കൊന്നും ഒന്നും തീരുമാനിക്കാനാവൂലത്തി അതില്ലത്തിൽ നിന്ന് നമ്മക്കൊന്നും തിരിയുന്നില്ലെങ്കിൽ അന്ന കൂടെ നമ്മൾ പറയൽ അലാമു നമ്മൾ അറിയാത്ത ഒരു കാര്യത്തിന്റെ മേലിൽ അൽ അലമാ അലാന അലമൂ നമ്മൾ അറിയാത്തന്നിന്റെ പേര് ഔ നളുന്ന ല മൻതു മൂലണ്ടാട്ടത് ഒന്നേറെ ഇൽമില്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കാനാണ് ഇത്യാദയ ചെയ്തിട്ട് ബില അബില്ലത്തിൻ ശറായത്തിൻ ശറഈയ അബില്ലത്ത് കൂടാതെ നമുക്ക് അറിയിയോ നന്നോ ഒന്നും ഇല്ലാത്തതിനെ പ്രതി വിരൽപ്പിക്കാ നമുക്ക് വാളില്ലാത്തതാവുന്നു തും മകറാ പിനിബുസദ പറയുന്നു കോലഹു തനല്ലഹ അലീമ തന മകൗലി ഫി അബൂബക്കറിൻ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ സംബന്ധിച്ച് ുംബൂബക്കാൽ നിങ്ങളെക്കാൾ മുൻകടന്നിട്ടില്ല കൊറേ അധികം നോമ്പ് നോറ്റത് കൊണ്ടോ കുറെ അധികം നിൽക്കിച്ചത് കൊണ്ടല്ലിൻ എങ്കിലും അവർ അഫലായി ബിഷൻ അവർ തവരിൽ എന്തോ കനമാക്കിയൊരു സാധനമുണ്ട് അതുകൊണ്ടാണ് അസദരി എത്തുക ശ്രദ്ധങ്ങളെക്കാൾ താല്യുണ്ട് എത്രയോ നിൽക്കിച്ചാളുണ്ട് എത്രയോ നോമ്പാളുണ്ട് പക്ഷെ എല്ലാവരെയും സ്ഥിതിക്ക് തങ്ങൾക്ക് ആ സമീപം എന്ന് പറഞ്ഞാൽ എന്താ കാരണം മുത്താറ്റി കൊണ്ടു കൊണ്ടൊന്നുമല്ല പുറമേ ഉള്ള എണ്ണാവുന്ന കുറെ കാര്യം കൊണ്ടുവല്ല ഉള്ളിൽ എന്തോ കാര്യമായ ഒരു സാധനമുണ്ട് അതുകൊണ്ടാണ് കണ്ടാ നാഗി പ്രകടമാകാത്ത കുറേ കാര്യം കൊണ്ടാ ചെറുപ്പം ഉണ്ടായിരുന്നു നാമത്തമ്മത്തിനെ കാണാം സഹായത്തിൽപ്പെട്ട എല്ലാവരെയും ആ തഫ്രീ ആയിക്കോളന്ന അവകാശം തന്നെയല്ലേ മ്മൻ പറഞ്ഞു അല്ലെങ്കിൽ വിതയില്ല സെന്തി ഗതങ്ങളെക്കാൾ വേറൊരാളെന്താക്കി തഫ്രീലാക്കിയാൽ അല്ലാത്ത തഫ്രീലാക്കിയാൽ വിധേയ തരണം എന്നല്ലേ പറഞ്ഞു അല്ലെങ്കിൽ പിന്നെ കാരണം പറയട്ടെ സതക്ക കൊണ്ട് ഇന്നാൾ മുൻകടി ആയിക്കോട്ടെ കാര്യ മുത്രക്കാറ്റ് പറഞ്ഞൂടല്ല സതക്ക കൊണ്ട് അബ്ദുറഹ്മാൻ ഇമ് മുൻകോട്ട് വന്നിരിക്കുന്നു ഓക്കേ അല്ല ജിഹാദ് കൊണ്ട് മുൻകൊണ്ടിരിക്കുന്നു ഓക്കേ അല്ല ധീരത് കൊണ്ട് എന്തു പറഞ്ഞു ഓരോ ചുസിയ കാരം എനിക്കും പറഞ്ഞുണ്ടാ വപ്പുറം ഭാരമാക്കി വക്കൂർന്ന് പറഞ്ഞു വക്കാറ് കുന്നു വപ്പുറം ഭാരമാക്കി വക്കൂർന്ന് പറഞ്ഞു വക്കാറ് കുന്നു ബക്കയ്യത്തെ കലാമിഹി കലാമി ഇനി അസാദിമാമിന്റെ ബക്കൈ കലാമീ പോയി നോക്കും മുപ്പതിനും മറോടി കൊണ്ടിളക്കി വക്കിളക്കി ജനായി അപ്പോ സിദ്ധികർമി എല്ലാ തപ്തിയിലാക്കിയതുകൊണ്ടാണ് ഹൃദയത്തിനുള്ളിൽ മറച്ചു വെച്ചിർദണ്ടാണ് ഇപ്പൊ പറഞ്ഞത് അല്ലെ അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ കൽബുമായി ബന്ധപ്പെട്ട് അമാലുൽ കൽബുണ്ടായിരിക്കണം തർജിച്ചു കൊടുക്കേണ്ടതാണ് വരുന്നത് അപ്പൊ കസിയത്ത് തെക്കവ തവക്കുല് സുഹൃദം മുതലാതെ അമാലുൽക്കൽബാണ് ആയിരിക്കുള്ള സൂഫിയത്തിനുള്ളത് കൊറേ ചർച്ചയും ചർച്ചയും ചർച്ചയും കുറെ വാക്ക് വിൽപ്പിക്കുകയാണ് ഇത് മറ്റേ മഹത ഉപാഹത്തിലുള്ളത് അപ്പൊ അഫുതൽ ആര് തന്നെ ആരോഗ്യങ്ങൾ തന്നെ മഫോത്തീൻ മഹാത്ത തഫീലും കൊടുക്കൽ ഇന്ന മാമുണ്ടി കുംഭത്തിൽ യക്കീലന്റെ കുമ്പത്ത് നോക്കി ചാവുന്നു യക്കീൻ കമ്പിലാറുണ്ടോ പമൻ കവിക്കീനുഹോ അക്കതറ കാണ ഇന്തലായി അക്കബറ ഒരാളെ യക്കീനിറിയതായി അക്കത്തറായിട്ടു എന്നാ ഒന്നാറിടത്തിൽ അക്കബറുമായി അതാണ് ബഹുബല്ല അതാണ് അബൂബക്ര സിദ്ധിക്ക് കൽവിൽ വക്കൂറായി എന്ന് പറഞ്ഞതാണ് യക്കീനാവുന്നു അബൂബക്ര സിദ്ധിക്ക് യക്കീന കൊണ്ട് എല്ലാവരെയും കാലിക്കാകുകയും ചെയ്തു വന്നു കാലം മനുഷ്യരിയെ ഇങ്കാറാക്കാൻ കാരണമാക്കിയ വസ്തുത എന്താണെന്നും മത്ര പറയുന്നു ൂ വസുപ്പാകുന്ന ഹിൽമിനെ ഇൻകാറാക്കിയിട്ടുണ്ട് മല ഉൻ അവാമുൻ ചില അവാമായ ജനങ്ങൾ അവാമ് നമുക്ക് ഇത് കാര്യം ചെയ്തിട്ടില്ല ഈ അവാമുണ്ടെങ്കിൽ പച്ചരാങ്ങളൊന്നും അല്ല അവർക്ക് തിരിഞ്ഞിട്ടില്ല മക്സൂദോ ഇൽമു തസഫിന്റെ മക്സൂദ് എന്താണെന്ന് അവർക്ക് തിരിഞ്ഞിട്ടില്ല പഹാമോ അങ്ങനെ അവരെന്ത ചെയ്തു അന്ധം മുട്ടുവര എന്തിനൊരു പന്നലുണ്ടാക്കി എന്തൊരു കളി അപ്പൊന്നോണ്ടിയാത്തു പറഞ്ഞില്ലേ അതിപ്പോ അസുരൻ ലോകത്തി ലോകത്തിലെ അസിറാഫ് ഒരു കൗമി വന്നമാവിലുള്ള ാക്കപ്പെട്ട കുറച്ചാളുകൾ നേതാക്കന്മാരുണ്ടല്ലോ അവർക്കാണ് മല എന്ന് പറഞ്ഞത് ആ മല പേര് കിട്ടി എന്തുകൊണ്ടാ മല എന്ന് നിറച്ചു എന്നല്ലേ അന്നം തമലു ഭിന്നല രീലും ഓറക്കെണ്ണം നോക്കിയിട്ട് കണ്ണു നിറഞ്ഞോ ഓ ഓരല്ലേ നിറച്ചു നോക്കല് ഒരാക്കം പറഞ്ഞല്ലോ ആക്കെല്ലാം വേണ്ടത് സുമസാറ പിന്നെ ആയി മാറി ഉത്തലക്കോട മുത്തലക്കിൽ ജമാ ബെറും ജമാഅത്തിനെ സംബന്ധിച്ച് എന്തോ പറയും മല എന്ന് പറയാൻ തുടങ്ങി പൊരിച്ചുണ്ടാകില്ലാതെ നോട്ടെങ്കിലാണ് വ്യത്യാസം വന്നു അവാമു എന്ന് പറഞ്ഞു ഹവാസിന്റെ ഓപ്പോസിറ്റാണ് അവാമ ആരാ ഫൽ എന്ന് പറഞ്ഞു അസഹാബുൽ ഭാഗമുണ്ടല്ലോ അവരാണ് സാബിഫീകളുമാണ് குர்ஆன் தன்னுடையது புரையோ கொண்டல்ல اصحابல் மைமலது اصحابல் ஜமீல் அவரான 아바암ு புதேஷிக்கணும் ஹவாசோ اصحابோன சாவிகுன ஸாபிகுன உலாயிக்கல் முக்கர்ரபூன் എന്നു പറഞ്ഞிருக்கு 아바아த்தி ஆனது ஃபகுல்லு மன் ஹூஜிப பி ஸஹபில் ஆஸாரி அன் ரூயத்தில் ஆமாளி ரூயத்தின் ஆமாளியல்ல அல் ஆல அமல் அமல் என்ன ഈ ആസാർ എന്ന് പറഞ്ഞ കാരണ പണ്ട് പറഞ്ഞിട്ടുണ്ട് ആസാറ് അഫ്കാട് പിന്നെ അസ്മാല് സിഫാറ്റ് ഇങ്ങനെയാണ് എന്റെ തീവ് നിൽക്കുന്നത് ആ ഭൂമി കാണാപ്പണ ഈ വസ്തുക്കൾ കണ്ടവരെ ആതാറ് പറയാം ഇതൊരു തരം പുറം മേഘ ഇതിനുള്ളിൽ ഇത് മേടിച്ച് കാണാം അഫ്നാല് കാണാം അഫ്ഗാനിന്റെ പിന്നെ എന്തുണ്ട് അസ്മാൽ കാണാം അതിന്റെ തരാലത്ത് അസ്മാൽ കൂടി ചിപ്പാത്തി നിക്കണമെങ്കിൽ അതുവണം ആത്ത് പോണം അങ്ങനെയാണ് നീമ്പ് പോകുന്നത് അല്ലേ അപ്പോ ഈ ആമാലിനൊട്ട് അപ്പൊ ആരാണ് ശരിക്കും ഉദ്ദേശിക്കപ്പെടുന്നത് ആസാറിന്റെ മറുവശത്തുള്ള രണ്ടാം ഘട്ടത്തിന് എന്തുണ്ട് നമ്മൾ കേറി വരുമ്പോഴും മേശ പൂർത്തിയാക്കി ഓ നമ്മൾ ആശാരി വന്ന് മേശല്ലേ ഓമനന്റ് പറഞ്ഞു ആസാരി വരെ ആൽ മല ഓടിച്ചെ ആ ആശാരി വന്ന് എടുത്തിട്ട് പോയി അല്ലേ അങ്ങോട്ടാ ആശാരിയത്തിന്റെ ആശാരിന്റെ പേരാണ് ഈ നാമാൻ ഇസ്മാൻ അപ്പൊ ആശാരിയത്ത് എന്ന് പറയുന്ന പ്രത്യേകം ആ ഒരു പണിന്റെ ഒരു മലക്കോന്റെ ആ വാത്താണ് സാധനം ഇതുപോലെ അള്ളാഹുസും അത്താരുണ്ടാക്കിയ ആരിന്റെ ആധാറുകളാണ് ഈ കാണുന്ന ആകാശം ഭൂമി സൂര്യൻ ചന്ദൻ നക്ഷത്രം ഇതേതരം മേഘാം എന്തിനോട് തടയുന്നു അതിന്റെ അപ്പനുള്ള ആന്മാരിനെ അയന്മാര് കാണൽ തൊട്ട് തടയുന്നുണ്ട് അപ്പൊ അയന്മാര് കാണലിനെ ആസാറിന്റെ ആസാർ അളുകളാകുന്ന മേഘം കൊണ്ട് തടയപ്പെട്ടാണ് എന്നാൽ ഒൻ ആരാന്ന് ഫഹു അമിനം അവാമിൽ പൊട്ടോന മുട്ടുകടന്നിട്ടില്ല വക്കുലും മന്നപ്പതിയിലാ തിൽ അൻവാർ ഈ അൻ അയമാരുടെ മുട്ടുകടന്നിട്ട് എന്താക്കി സിഫാത്തിന്റെ അൻവാറിലേക്ക് എത്തി സിഫാത്തിലേക്ക് എത്തണമെന്നാൽ അൻവാറാകു അസ്മാവ് മുതലേ ശരിക്കും തളക്കി വരുന്നുള്ളൂ അസ്മാവ് അസ്മാവിടെ സിഫാത്ത് സിപാത്തൽ ഇങ്ങനെ ആ അൻവാറിലേക്ക് തുളച്ചു കളി കപിലൽ കൗവൻ അതിൽ തന്നെ ഈ കൗന് കാണുന്നതിന് മുമ്പ് ഉള്ള ആളുകൾ ഉണ്ടാവും ഒന്ന് ആഹു അതിനോടൊപ്പം ആ എന്തോ അല്ലെങ്കിൽ കൗന് കാണുന്ന അവസരത്തിൽ അല്ലെങ്കിൽ ഉണ്ടാവില്ല അപ്പൊ രണ്ടൂന്ന് ഇനങ്ങളാണ് ടോപ്പ് കൗനിര് അല്ലെങ്കിൽ അതിനോടൊപ്പം ഈ സാധനം കാണുമ്പം തന്നെ പറ്റിയതും അല്ലെങ്കിൽ അതിന്റെ ഇന്ത അതെ ആ ഇന്തയാണത് മായ്യത്ത് മൊംഫസിൽ എന്ന് പറയുന്നു മായ്യത്ത് മൊത്തസില കൊണ്ട് മൊംഫസിലുണ്ട് പോകണം കബലഹു പിന്നെ മായ്യത്ത് മൊത്തസിലെ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ നാളനീപാർത്ത് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ പ്ലാസ്ക് കണ്ടെ ചായോർ പോത്തത്തിലാണ് അല്ലെ അൽഫിയെന്ന് പറയുമ്പോത്തൊമ്പതാ അങ്ങനന്ന് മയത്തെ മുൻപത്തിലാന്ന് അൽഫിയിൽപ്പെട്ട എല്ലാന്റെ പുത്തൊലുമ്പോ മയത്തെ മുൻപത്തിലാണ് അഫ് ആൽ എന്നുള്ള ഇങ്ങനെയാണ് ചൈന്റെ പണിയില്ലേ ചൈന ഈ ഹറക്കാത്തല്ലേ കാണുന്ന അഫ് ആലിന്റെ മസൂസായ ഹറക്കാത്തല്ലേ കാണുന്നു ആര് മാലിനീയത്തിൽ ഈ നമ്മളെ കലപ് കൊണ്ടതിനെ സാക്ഷ്യം വഹിക്കാന്നില്ലാണ്ട് ഈ കണ്ണോണ്ട് കാണുന്ന വിശയമായ സാധനം ഈ അഫ് ആലിന് ആവശ്യമായ ഹറക്കാത്ത കാണുന്നു ഈ കാണലുള്ള ഉദ്ദേശം കൺബിന്റെ ആഴ്ച ഉദ്ദേശിക്കുന്നത് കണ്ണിന്റെ ആഴ്ച ഉദ്ദേശിക്കുന്നത് കണ്ണിന്റെ കാഴ്ചയാണെങ്കിൽ ഈ അഫ് ആവശ്യമായ ഹറക്കാത്ത കാണല് എടുക്കുന്ന വെക്കുന്ന മുട്ടുന്ന ഒന്നിക്കുന്ന ഇങ്ങനെ ആക്കുന്ന ഇങ്ങനെയാക്കുന്ന ഇങ്ങനെയാക്കുന്ന ഈ ഹറക്കാത്തുകളറ ഈ ഹർക്കാത്ത കൊണ്ടുണ്ടായിത്തീരുന്ന മജിമാണ് ഇതിന്റെ ഹാസായ ആയമലിമ ഇങ്ങനെ ആക്കുന്നതാ മജിദാമിങ്ങനെ മുട്ടും ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന എടുക്കുന്ന വെക്കുന്ന ഈ ഹറക്കാത്ത കാണപ്പെടരുത് ജവാനയിൽ കൂടെയുള്ള ഹറക്കാത്താണ് കാണപ്പെടുന്നത് ഈ ഹറക്കാത്തിന്റെ മജിമ ആണ് ശരിക്കും അയമാലി ല്ലേ ആധാർ മഴ പെയ്യുന്നത് ആ തുള്ളികൾ ആധാറും മഴ തുള്ളി ആ വെള്ളമുണ്ടല്ലോ ആ വെള്ളം ആധാറാണല്ലോ ജമാദാത്ത് ആയിക്കോട്ടെ അത് മായയായി ദ്രാവകമായി ചെറുമ്പോ അത് ഹയവാനാത്തയച്ചോ ജമാദാത്തയച്ചോ ഹയവാനാത്തയച്ചോ അല്ലെങ്കിൽ ജമാദാത്താകുമ്പോൾ തന്നെ ഈ ജാസ് ഫോമിലുള്ളതും ഉണ്ടാകാം ദ്രാവക രീതിയിലുള്ളതും ഉണ്ടാവാം അല്ലെ ഇനങ്ങളെ ആധാറുകൾ പലതരത്തിലുള്ളത് മത്രം ജമാ ജമാദാത്ത് അയവാനാത്ത് എന്നുള്ള ഇങ്ങനെ പറഞ്ഞു വയ്ക്കലാണ് അങ്ങനെ സുഹൂദിലേക്ക് നടന്നിൻ ഹവാസിൽ മുഖവറബീകളായ ഹവാസികളാണോ മനസ്സിലായില്ലേ അപ്പൊ വക്കുല്ലു ഇൽമിൻ പന്നിൻ ഏത് വിൽമാവട്ടെ ഏത് ഫണ്ണാവട്ടെ ഇൽമിന്റെ ഓരോ സാഗക്കാ ഫണ്ണ് എന്ന് പറയുന്നു വൈദ്യശാസ്ത്രം എന്ന് മൊത്തത്തിൽ പറഞ്ഞ ഒരു ഇൽമാണ് അതെന്തല്ലുണ്ട് കണ്ണിന്റെ വിഭാഗം ഉണ്ട് പല്ലിയും വിഭാഗം ഉണ്ട് എല്ലിയും ഭാഗമുണ്ട് പിന്നെ മാംസവേഷിയും ഉണ്ടാകും ഞെറണ്ടി ഭാഗം ഉണ്ടാകും മാംസവേഷിന്റെ അങ്ങനെ എണ്ണി ഒഴങ്ങാത്ത പന്നുകളെ കൂട്ടത്തിലുണ്ടല്ലോ അപ്പൊ ഏതൊരു പന്നാവട്ടെ ലഘു അവാമുഹവാസു അതിലുണ്ടാകും കൊറേ അവാമുന്നാസ് കുറെ ഹവാസന്നാസും അത് വേണ്ട പോലെ കൈകാര്യം ചെയ്ത് പഠിച്ചിട്ടില്ലാത്ത ആളുകൾ അതിന്റെ അവാമന്നാസായിരിക്കും അതിന്റെ സ്പെഷ്യലിസ്റ്റുകൾക്ക് എന്ത് പറയാ അതിന്റെ ഹവാസാന്നും പറയാം അപ്പൊ ഇത്തരത്തില് പറഞ്ഞോളാക്കു ഇന്നർത്ഥം അന്ന ജമാഅത്തമിൻമിൻ്റെ അർത്ഥം പറയുന്നത് എന്ന് പറയുന്ന മല ഇതർ ജമാഅത്ത് കൊടുത്തത് അപ്പൊ വലിയ പുരോഗതി കരസ്ഥമാക്കാത്താക്കാണ് അവാമിന് പേരും കൊടുത്തത് കണ്ടില്ലേ അപ്പൊ അവാമിൽ പെട്ട ഒരു ജമാഅത്ത് അങ്കോ ഇതിനെ ഇൻകാറാക്കി അപ്പൊ ഹൂല നബീർ ഇൽമുൽ ബാത്തിലിലേക്കാണ് ഇൽമുൽ ബാത്തിൽ أنت هو علم الباطنة انجارك وقالوا أول برينه ليس إلا علم الشريعة شريطن علم لا تفور النبو للاح أولذي والعلم الله أدانك لأولا الله آخران دارم أيضا مرسوك اللون لأولا شريطن علم لا تفور النبو للاح هل؟ حسنا أتبري الله وعمّا علم الباطنة لنقال الباطنة والاواته علم الباطنة فالان منزل به كتابا من لا سنه كتابا من ادلى سنه تنتلا بدعتا ون وراغات الارض قلنا اي مروضي يرد عليهم عفك ردودا يرد عليهم بقوله تعالى الله وتعالى بعد القول نقول لكم ردودا ماذا قولي هي قنيه سيدنا موسى معن قبر على نبينا عليهم الصلاه والسلام اول قصيده ആ തൈനാഹുറമ്മിൻ എന്തിനാ വല്ലം നാഹും ഇല്ലതും ഒന്നാമത്തോടെ വന്നിട്ട് അവർ എന്താടും എത്തിച്ചു ആരെല്ലാം മുസാദ് അലിസ്ലാമും കൂടെ പോയ പത്തയും അബുദമ്മിൻ നമ്മുടെ അടിമകളിൽപ്പെട്ട ഒരവിദിനെത്തിച്ചു അരേ ഹബറീ ഇസ്ലാം എങ്ങനത്തെ അബുദാണ് ആ തൈനാഹുറമിൻ നന്ദിന നമ്മളെ മക്കൾ നിന്നുള്ള റഹ്മിൻ നാമം അവർക്ക് കൊടുത്തിട്ടുണ്ട് വല്ലം നാഹ് മില്ലതുന്ന ഇൽമ നമ്മളെ വക്കൽ നിന്നുള്ള മില്ലതുന്നായ ഇൽമയെ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളെ പറഞ്ഞിട്ടുണ്ട് അല്ലെ അപ്പൊ ഇവിടെ ലതുന്യാ എന്ന് പറയപ്പെട്ടൊരു ഇൽമതാ ആ ഇൽമാണ് നമ്മുൽ ബാത്ര ഉദ്ദേശിക്കുന്നത് ഫൽഇൽമുൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുന്റെ വക്കൽ നിന്ന് ഓശാരമായി നൽകപ്പെടുന്ന ഇൽമാകുന്നു മില്ലതുന്ന കേന്ദ്രത്തിൽ നിന്ന് മനസ്സിലായ അത് രണ്ട് തരത്തിലുണ്ട് ബഹുമാല കിസ്മേന് ഈ ലതു ആയാലും രണ്ട് തരം ഒന്ന് സിർ അതായത് ഈ ലോകം ഉണ്ടാകുന്ന പിന്നിൽ പിന്നിൽ പിന്നിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്ന എന്തോ എത്തു ശക്ത ലോകം ഒട്ടാകെ നിയന്ത്രിച്ചു പോകുന്ന ഒരു ശക്തിയുണ്ട് എന്ന് സമസ്തക്കാർ ഉറങ്ങി ഞാനപ്പം തന്നെ വാങ്ങിച്ചിട്ട് പറഞ്ഞ അങ്ങനെ എല്ലാ ശക്തി ഉണ്ട് എന്നാണ് വേണ്ടത് ആരാ തീർത്തിന്ന് വെച്ചാൽ ഇപ്പൊ തീർത്തിനെ വേണ്ടെന്ന് പറഞ്ഞോളന്നു ഒരു ശക്തിയുണ്ട് എന്നിട്ടോ അവൻ കേൾക്കുന്നവനും കാണുന്നവനും ആകുന്നു അത് അവൻ എന്നുള്ള ശക്തി ശക്തി സിബത്ത അല്ലെ ആ തീർത്തണം ലോകത്തൊത്തി പണ്ടല്ല സിബാത്തിന്റെ മനസ്സിനത് ഇല്ല അള്ളാഹുവിന്റെ കുതിരത്താണ് ഇനിയൊക്കെ ഇണ്ടാക്കി എന്നുള്ള വാക്കു പോലും പറ്റൂലേ പറഞ്ഞു ഇതാക്ക മനസ്സിലിനി എത്ര കൊപ്പൊന്നൊക്കെ ഓടിക്കണത് വരെ വന്നാർക്ക് മനസ്സിലാ ഇപ്പൊ ഇതും തീർക്കെ അപ്പോൾ സിർവ് എന്ന് പറഞ്ഞാൽ ഈ മൗജൂദിന്റെ എല്ലാം പിന്നെ അങ്ങനത്തെ ആഴത്തിലെത്തിക്കഴിഞ്ഞാ നമ്മളെ പെട്ട് കണ്ടുകൊണ്ട് കാണാൻ മറഞ്ഞ് കിടക്കുന്ന ഒരു രഹസ്യം അതാണ് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ പ്രവർത്തനം പറ്റാണല്ലോ ആ സിർന്ന് പറയുന്നത് അത് തന്നെയാണ് മലീഫത്തിൽ രാജാതിരാജനായ എല്ലാവരുടെയും മയബൂതായ ആ അമ്മാഅനെ പറ്റി അറിയൽ എന്നതാണ് ഏതിനുണ്ടെന്നിൽമിൻ മറ്റൊരു കിസ്മുണ്ട് കദർ കദറിന്റെ സിറി തൊട്ട് കഷ്ടിക്കും അള്ളാഹുവിന്റെ കഥാകഥനുണ്ടല്ലോ അതിന്റെ സിറു അപ്പോൾ അങ്ങനെ ഹാദിത്തായ സംഭവിക്കാൻ പോകുന്നുണ്ട് അതിനെപ്പറ്റിയൊക്കെ ഭാവി കൊണ്ടു പ്രവചിക്കാൻ കഴിഞ്ഞ ചുറ്റുപാട് വരും എന്നാ നമ്മ ഉദ്ദേശിക്കുന്ന ഒന്നാം ക്സ്മു നമ്മളുടെ ചർച്ചാ വിഷയം ഭാവിയിൽ എന്ത് സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നുള്ള അതിനെപ്പറ്റി പറയാൻ ചർച്ചാ വിഷയല്ല ഒന്നാമത്തെ രണ്ടാമത് തിരിഞ്ഞോളൂണ്ടാവണം പിന്നെ ഈ ചില ഇസ്തിലാറ് ചെയ്തിട്ട് വന്നെങ്കിലും ഉണ്ടാവും വരാൻ പോന്നില്ല പലാസത്ത് ബാവിനത് വരാൻ പോകുന്നുണ്ട് അതിന്റെ ആക് പറ കാര്യം തന്നെ സാധാരണ ഗതി പറയം കഴിഞ്ഞ സംഗതിയല്ല പട്ടതിനു വലിയ പോലീസൊന്നുമില്ലാന്ന് പറയുന്നു അല്ലാതെ തിരിയുന്നതിനേക്കാളും പോലീസ് വന്നിട്ടില്ല അതേതുപോലെ എന്ന് പറഞ്ഞാൽ ഈ ശൈസദ മറ്റുള്ളവർക്ക് ചെയ്യൂല നമ്മളിപ്പോ ശമ്പള മടിയിലെത്തിച്ചേ ഇങ്ങനെ പോവുക ഏതോ ഒരു അറ്റാമോ റോഡിന് കൂടി ഇങ്ങനെ പോയിക്കോണ്ടിരിക്കും ഇപ്പൊ റെയിൽവേ ഗേറ്റ് വരുമെന്നു പറയും നമ്മുടെ ഒക്കെ കണ്ടിട്ടുണ്ടായേ ഇങ്ങനെ ഗേറ്റ് വരച്ച് വെച്ചിട്ടുണ്ടാവും സിഗ്നൽ ബോർഡ് സിഗ്നൽ ബോർഡോ ഓന്റെ ശബ്ദയിൽ പോയിട്ടുണ്ടാവൂല അതിന്റെ ദലാലത്ത് പോലാറിഞ്ഞിട്ടുണ്ടാവൂല നോക്കണേ ഞങ്ങളുടെ പോയി വയസ്സിൽ എത്തിട്ട് തോന്നിച്ചിട്ടേ മാതി പോയിക്കോണ്ടക്കുമ്പോ കാണാം ഇപ്പോ ആശുപത്രി ഇങ്ങനെ വളവ് കയറാൻ പോകുന്നുണ്ടല്ലോ ഇതുവരെ പോകാത്ത റോഡിൽ തിന്നു നോക്കി വരാം ഇപ്പൊ നമ്മുടെ കണ്ണിന്റെ കാഴ്ചകളെ പതിയുന്നത് മറ്റുള്ളവർക്ക് കിട്ടിട്ടുണ്ടാവില്ല അത് ശരിക്കും നിശ്ചിതയില ഈ കവറി ഇങ്ങനെ പരസ്പര സംഭവങ്ങളൊക്കെ കൂട്ടിയാവലും ഉണ്ട് എവിടെയാവും കഴിഞ്ഞ സംഭവങ്ങൾ മറ്റു സംഭവമായിട്ട് കൂട്ടി കൂട്ടി ഇണക്കി എത്തി പെട്ടെന്ന് മതിയായി മനസ്സോടുന്ന ചില പരിപാടി ഉണ്ടല്ല അങ്ങനെ ചില പ്രയോഗങ്ങളുണ്ടാവും പറഞ്ഞിട്ടുണ്ട് മക്കാമുണ്ടല്ലോ ഇസ്ലാം മൂന്ന് ഘട്ടങ്ങളല്ലേ ഏതെല്ലാം ഇസ്ലാമും ആ എഹസാന്റെ മക്കാമിന് ഇസ്ലാമിന്റെ മക്കാം എങ്ങനെ വ്യാഖ്യാനിച്ചത് ഇന്ന ഇന്ന ഇന്ന ഇന്ന ം ചെയ്യലാകുന്നു പറഞ്ഞു നിസ്കാരം നോമ്പ് മുതലി ഷാ തെരിമ നിസ്കാരം നോമ്പ് ഹജ്ജ് മുതലായവ അതിന്റെ പുറത്തു ഈ മാ പറഞ്ഞത് ആറ് കാര്യങ്ങളുടെ മനസ്സിൽ ഏറ്റുക്കാർ ചെയ്യലാണെന്ന് പറഞ്ഞു ഏഹ് എന്താ പറഞ്ഞു അന്താഗുതറാവൂന്ന നീ അന്നാമത്താൽ അത് ഇബാദത്തെടുക്കണം അസപ്പുറങ്ങിനെ ഉണ്ടാകില്ല ഇസ്ലാമിയിൽ പറയപ്പെട്ട അതും ഇമാൻ കാര്യങ്ങളിൽ പെട്ട ഏറ്റുക്കാതോട് കൂട്ടിയിട്ടുള്ള ഇബാദത്ത് ആറുമഞ്ചും പതിനൊന്നില്ലേപ്പ പതിനൊന്ന് കാലത്തിന്റെ മജുവാണല്ലോ ശരിക്കും ഇമാതത്ത് ആ ഇമാദത്ത് ചെയ്യേണ്ടത് കന്ന കത്തറാഹു ആയിട്ടാണ് അതിന്റെ പ്രത്യേക കോല പറഞ്ഞത് എങ്ങനെയെങ്കിലും ചെയ്ത കന്ന കത്തറാഹു മനോദിനെ നീ കാണുന്നുണ്ട് എന്നതുപോലെ അല്ലേ അത് പറയട്ടെ വല യുക്കിന് അഹിമതാ കന്നഹുറു മഹോമത്തിൽ ആ തറാറാകുന്നൊണ്ട് ഇവ മഹരൂ ആയിരിക്കവേ പിന്നെങ്ങനെയാണ് അള്ളാഹുവിനെ കാണപ്പെടുന്നവനായി ചെയ്യാം അവിടെ കാണുമ്പോൾ അത് മറവില്ലല്ലോ അപ്പൊ കാനൊക്കെ തറാറു ആകണം എങ്കിൽ എന്ത് വേണം ഈ മറങ്ങൾ നീങ്ങണമെന്ന് നിന്ന് നമുക്ക് അറിയിച്ചിരുന്നുണ്ട് വക്കാല അമീർ അൽ മോമിനി സഹിദിനു അള്ളാഹു പറയുന്നു മ്മ തങ്ങളുടെ മേരോട് ഞാൻ കടക്കും തങ്ങളും ബാബുപൊക്കെ ശ്രദ്ധിക്ക് തങ്ങളും എട്ടക്കല്ല മാറി ലോറന്തോ ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ടാവും ഞാൻ രണ്ടാളടുത്തലിരിക്കും എങ്ങനെ ഞാനൊരു സിഞ്ചിന്റെ സിഞ്ചി അടിമുണ്ടാവല്ലോ നീകുടം വന്നാല് ഇരിക്കുന്നു എല്ലാ കാലം വായക്കൂല അവരുണ്ടാളെന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല وضم لكم تعوهيد أنت كلا أصرار ولم ينسى السمساري كننده ولم ينسى السلام الله أيها دولهم هذا التوحيد الذي تكلم فيه النبي صلى الله عليه وسلم تنجل عبو بكر صديقة نلوضا من سمساريك آتوحيد أنه هو التوحيد الخاص خاصة التوحيدة هذا ما رضي الله عندي نبتك أنه ورنة تم تنجل وماذا هذا ൂഢടമായ ചില കാര്യങ്ങളാണ് അസ്രാമുമാണ് അതിന് പറ്റുന്ന ആളുകളുടെ മുമ്പിലെല്ലാം അത് പ്രഖ്യാപിക്കപ്പെടാൻ പറ്റൂലെന്ന് പറഞ്ഞത് ഒന്നും ഉൾക്കൊള്ളൂല അല്ലെങ്കിൽ അവർ ഇത്രകാലം തട്ടിക്കൂട്ടീനെതിരായിട്ട് കാണുമ്പോൾ ഇവര് പിടിച്ചിട്ട് മഹാബിയോ എന്തിക്കോ ഇതിൽ എന്താക്കാനും അപ്പണ് ഓഫീസിൽ തീരുമാനം വരും അത് തന്നെയാണ് നമ്മുടെ സാധനം എല്ലാരോടും പറയാൻ പറ്റാത്ത ചില ചർച്ചകൾ ഇനി നടത്തിട്ടുണ്ട് വൈസമയ്യത്തോടെ മറ്റൊരു പേരും കൊടുത്തോളൂ ഈ കാര്യത്തിനുള്ള കൂടുതൽ വിശദീകരണം വരും എന്ന പൈത്ത് രണ്ടാമത്തെ ജ്യൂസ് ഇരുന്നൂറ്റിമുപ്പത്തി ഏഴാമത്തെ പേജിലാണ് വരാൻ പോകുന്നത് കിതാബിന് രണ്ടാം ജ്യൂസ് ഉണ്ടല്ലോ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴില് ഇവിടെ ഇപ്പത്തി രീതിയില് അതോ കൂല എന്റെ കിതാബി രണ്ടു നൂറ്റി എൺപത്തിരണ്ടായിട്ടുണ്ടോ എഴുന്നൂറ്റി മുപ്പത്തി ഏഴാമത്തെ പേജില് ഇനി കൂടുതൽ വിശദീകരണം മിന്മലാക്കേക്കാന്ന് പറഞ്ഞതിനെ പറ്റി കൂടുതൽ വിശദീകരിക്കുന്നുണ്ട് ആ അതിന് ഇവിടെ ഞാൻ ഈ ആദ്യം ചർച്ച ചെയ്യുന്നു ഇവിടെ അങ്കറോഹു മലകുൻ അവാമുൻ എന്ന് പറഞ്ഞിട്ട് ഈ ഫെയിലിനെ ജമ്മാക്കി കിടന്നിട്ടുണ്ട് അങ്കഹോന്നല്ല ഫെയിലെ ജമ്മാക്കിയില്ലേ ശരിക്കും പറഞ്ഞാ ഫെയിലെ ജമ്മാക്കാവശ്യമില്ലല്ല അങ്കുൻ മലകുൻ അവാമുന്നെ വരുണ്ടോ കാലത്തായി പറ്റുന്നില്ല ഗുരുവാന് പറഞ്ഞു കാലോത്തായി പറ്റുന്നു വന്നിട്ടുണ്ടാ അതിന് ആ മധുഖപ്പവർത്താവിടെ പറയുന്നുണ്ട് അക്കലൂൺ അക്കലൂണിൽ ബറാമീക്കുന്നുണ്ട് മതഹമ്പുണ്ട് പായലിനൊപ്പിച്ച് എന്താക്കണം കീലും ജമ്മാക്കണം ഒറവസാര അതേ അത് അതിൽ പെട്ടാ കൗലുഹു എന്ന് പറഞ്ഞത് ഹുമാലി കൗലുഹി വാസുൻ നജമല്ലദീനോ എന്ന് പറഞ്ഞ് ആ കൗലൻസ് പോലെ പോയതാണു ഇവിടെന്താക്കി അല്ലദീന നരമോ ആണേത് ഫലി നജു ഗൂഢാലോചന അപ്പോ അല്ലെ ഒപ്പിച്ച് ചിന്താക്കിയ അസറു ജീതേക്കില്ല ആ അത് ആ ഭാവിപ്പെട്ടെന്ന് വെച്ചാൽ മതി അങ്കറു മലവും എന്ത് പറഞ്ഞാൽ മതിയായിരുന്നു അങ്കറവും മലാമെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു ഭഗവാൻ തന്നെ വക്കാദത്തായിപ്പത്തൂരും ല്ല അവിടെ അപ്പൊ അക്കരൂല പറഞ്ഞു മുസന്നിഫ് പറഞ്ഞത് ലം ഹോദോ ഈ ഹാമൂനൂൻ അവർ അന്തം വിട്ടുപോയി തലീഫു അവർക്ക് നഷ്ടപ്പെട്ടു വളല്ലു അനുസരൂക്ക് തെരീക്ക് തെത്തേക്ക് തെര കിഴിക്കന്റെ തരീക്കിൽ പ്രവേശിക്കലിന തെറ്റിപ്പോയി എന്നാണ് രണ്ടാമത്തെ കാരണം പുറത്ത് എന്തുകൊണ്ടാണ് ഇൻകാറാക്കാൻ ഇവിടെ പ്രേരിപ്പിച്ചത് എന്നാണല്ലോ ആരാണ് ഉത്തരവാദി അതിന് പറയുന്നേ സുമന മനുഷ്യാരിക മനുഷ്യ അതിന്റെ തുടക്കം അതിന്റെ കാരണം എന്താണെന്ന് ഒഴിവാക്കുന്നു فَأَبَقَ كُلُّ مَنْ أَنْتَرَ مِنْهُ شَيْئًا فَإِنَّمَا ذٰكَ كَانَ سِبْهَيْنِ آشِيًا بِذَهِيْلِهِ لِنَفْسِ الشَّارِقَةِ وَأَقَامَهَا فِي أَرْضِهَا قَالِفًا بِذَهِيْلِهِ فِي الْعَالَمِ رَاقُولِ وَأَسْغَنَهُ بِمَاذِ الْمَظْغُولِ وَصَلِّ عَلَى آلِ أَحْمَدَ وَقَاوِضْ فِي رُوحِ مَلْمَنُ دُومِ وَجْهِي لِلَّهِ الْحَنَّانِ الْحَارِمِ وَلِيَ لِمَا وَالِدِهِ آمِينَ وَكُلُّ مَنْ أَنْكَرَ مِنَ الشَّيَاطِينِ വിഷയത്തിൽ നിന്ന് എന്തിനെങ്കിലും ഇങ്കാറാക്കിയവർ എല്ലാവരും ഏഴ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഏതാണ്ട് ഒരു കാരണമോ ഒന്നോ ഒന്നിലധികമോ കാരണമോ ഉണ്ടായിത്തീരുന്നു അനുസരിക്കാൻ ഒന്ന് അവന്റെ മഹത്തായ നഫ്സീന്ന ആത്മാവ അതിന്റെ കഥൽ മനസ്സിലാക്കിയിട്ടില്ല ഇതിങ്ങനെയൊക്കെ തന്നെ മൃഗങ്ങളെ പോലെ ജീവിച്ച് കൊറേ തൊന്ന് കൊറേ ഓറോട്ടിയിൽ നിന്ന് കൊറേ ബിരിയാണിയും വേച്ച് കുറെ മണിക്കൂറും ഉറങ്ങി പിന്നെ കാണാനായി സഞ്ചരിച്ചാൽ തന്നെ ജീവിതത്തിന്റെ എല്ലാ രേഖത്തോയും പിന്നെ ഒരു പച്ച തടിക്കും പിന്നെ ഒരു സർട്ടിഫിക്കറ്റ് എല്ലാം കൂടെ കുറച്ച് ആളും ഉണ്ടായ എല്ലാം തേഞ്ഞ് ഇനി എപ്പഴും ഒന്നും എത്താനില്ല ആരും തന്നെ ഇനി എപ്പോഴും വരാനില്ലാതെ തന്നെ ജാഹിര്യം എത്തണ്ട ഒരു സ്ഥാനമുണ്ടോ ഞമ്മെത്തി എപ്പോഴും ഇല്ലാന്നു ആത്മാവിന്റെ പവർ എന്താന്ന് ബഷർ എന്ന് പറഞ്ഞ എന്താണിത് ഒന്ന് രണ്ടാമത് ഹരീഫൻ ഈ ഭൂമിയിൽ അത് ഹലീഫയാണ് എന്ന പദവിയെ സംബന്ധിച്ചും അവൻ അറിഞ്ഞിട്ടില്ല ഇവന്റെ ഉത്തരാദപ്പെട്ട പദവിട്ട് ഭൂമിയിലെ ഹലീഫ എന്നുള്ള സാധാരണ സാധനം ഒന്നല്ല എന്താ പേര് ആ ഈ ഭൗതികമായി പ്രത്യക്ഷമായി കാണുന്ന ആലമിന്റെ അപ്പുറം തന്റെ ആലമുൽ മാടിയാണ് ഏത് നാസവും ജബറൂത്തും മലക്കൂത്തും ഇതൊക്കെ ലാഹൂത്തും ആലമുൽ കിടക്കുന്ന അവിടെയാണെന്ന് ഒരു ജാഹിലായി പിന്നെ മങ്കൂറായ നാഹിത കൊണ്ട് മാത്രം എവിടെയാ ഡൽ കണ്ട കൂടിയിട്ട് അതിനെ കീറാനും ഒഴിക്കാനും അതിന് ഇങ്ങനെ വഴി വെക്കാനും മാത്രം കൂടി പിന്നെ അമനുൽ കുറൂബിനെ തൊട്ട് അവർ മാറി ലൾ ചൈന പുറമെ നിന്നുണ്ട് ലഹബത്തുണ്ട് തവക്കുലുണ്ട് സുഹൂണ്ട് ഉൽസുണ്ട് പിന്നെ തക്വാന്റെ അയല്ല ദർജാത്തുണ്ട് സബുറുണ്ട് ശുക്കറുണ്ട് ഇങ്ങനെയല്ല അമനുൽ കുറൂബിന്റെ ഓരോ വർത്തവകളുണ്ട് എന്നതിനെ തൊട്ട് അവർ ഹാഫിലിങ്ങൾ ആയി പിന്നെ വൽമോമി എന്ന നെഫ്സിന് അനുകൂലമാകുന്നതും അതിനെ വെറുക്കപ്പെടുന്ന കാര്യങ്ങളിലായിട്ട് ഇവർക്ക് ആ നേരം കഴിച്ചു കൂട്ടി അതിനെ വിശദീകരണം വരുന്നുണ്ട് ഈ മക്കളോ മന്ദൂപ്പ് ഏതല്ല കെഹീയായ മക്കളവും മന്ദൂപ്പ് അല്ല ഉദ്ദേശിക്കുന്നത് ആ പക്ഷെ ഇവിടെ മന്ദൂബുന്നു അങ്ങനെ അപ്പുറം മഹബൂബ് കൊണ്ടുണ്ടാവും പിന്നെ ഹനാൽ ഏത് ഹറാം ഏത് എന്തിൽ മുഴുകണം എന്തിൽ മുഴുകിക്കൂട എന്നതിനെ പറ്റിയുള്ള ജഹ്ലി പിന്നെ ഈ പഠിച്ചതിന്റെ അപ്പുറം എന്താ ഒന്നാം സുപ്രഹാരം ജോലി തന്നെ വക്കൽ തുറന്നു കൊടുക്കുന്ന ചില മവാഹിബുകളുണ്ട് ഇല്ലാമാകുന്ന മവാഹിബുകളുണ്ട് അതിനെപ്പറ്റി അവർ അശ്രദ്ധരായി പോയിരിക്കുന്നു തെറ്റിപ്പോയിരിക്കുന്നു കിട്ടണ്ടെങ്കിൽ നമ്മ കിട്ടണ്ടല്ലേ നമുക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് അങ്ങനത്തൊന്നില്ല നോക്കാം കൊല്ലത്തു ഏഴ് കാര്യങ്ങൾ മൂപ്പരോട് എണ്ണിപ്പറഞ്ഞിരിക്കുന്നു ഹവാസിന്റെ എതിരെ അവാം ഇൻകാറാക്കാൻ അവരെ പ്രേരിപ്പിച്ച കാര്യങ്ങൾ ഈ എണ്ണമാകുന്നു അല ഹവാസ് ബഹു അഹുൽ അൽ നബനു അവരെ നബ്സിന്റെ ഈ നഫ്സേതാ ഉദ്ദേശിക്കുന്നത് മുന്നൂറോളം അർത്ഥമുണ്ടെന്ന് നഫ്സ് എന്ന ഏറ്റ പ്രയോഗത്തിന് ഭാഷയിൽ തന്നെ മുന്നൂറോളം പ്രയോഗമുണ്ട് മുസ്തർക്കാണ് ലഫ്ലാബ് അത് സോഫിയത്തിന്റെ അടുത്ത് തന്നെ അഞ്ചാറോളത്തിന് പ്രയോഗിക്കലുണ്ട് ഇവിടെ ഉദ്ദേശിച്ച ആത്മാവ് എന്ന് പറഞ്ഞ നഫ്സ് നഫ്സുല്ലാത്ത അതാ അതിന്റെ മഹത്വം എത്രയാണെന്നും അവർ മനസ്സിലാക്കി ആ ഷറഫ് ഷരീഫത്തിൽ ഓരോ ലഫ്ഹലാക്കുന്നുണ്ട് വഹുവ ഏതാ സാധനം ആ റോഹു അതാണ് ഈ അസിന അതിന്റെ ഉണ്ടാക്കപ്പെട്ട അസ്ലി ആ രീതിയില്ലോ ആ അപ്പോഴാണ് അതിന് മഹത്വുള്ളത് പനമ്മുജത്ത് അതീ ശരീരത്തിൽ വന്നിട്ട് പലതരത്തിലുള്ള ഹിജാബിൽ കുടുങ്ങി ിൽ അതിനെ ഇരുട്ട് ബാധിച്ചു അപ്പോഴാണ് സുമിയത്തിന് എഫ് സഫ്സി എന്ന് പേര് വരാനുള്ള കാരണമായിരുന്നു അയാളിച്ച അവസ്ഥ ഏതാ അതിനാ പോയി പൊന്നിന് വാങ്ങിച്ചേർക്കാൻ അസന് വേദത്ത് പറയുന്ന തൻ പോന്നല്ലോ അറിയും അത് ആഭരണാക്കി അതിന് കുറച്ച് എന്തെല്ലാം കൂട്ടിക്കാരത്തിന്റെ ആഭരണത്തിന് കൂട്ടിച്ചേർക്കുമ്പോഴാണ് അത് സ്വന്തമായി മാറുന്നത് كارتي وصلت ولا جت متني ولا شك ما ادرا ولا شك عن الروح <سؤال> التي <سؤال> قامت بهذا البدن <سؤال> اي بدن اللي <سؤال> نتكلمتട്ടുള്ള ايه روح انت لو اد اصله ادن اصله لطيفه النورانيه <سؤال> مرقوتيه عالمه <سؤال> بما كان وما يكون نوريه النوري عندها مرقوتيه هو عالم ഭാഗ്യ നേത്രം കൊണ്ട് കാണാനോ അല്ലെങ്കിൽ കൈകൊണ്ട് സ്പർശിക്കാനോ കിട്ടാത്ത അതീതമായതിനെന്തോറിയും ലത്തീഫ് എന്ന് തോന്നി പഞ്ചേന്ദ്രങ്ങളെ കൊണ്ട് എതിരാക്കി ചെയ്തിട്ട് കിട്ടാത്ത വസ്തുതകളെല്ലാം ലത്തീഫിലും പെടുക അതുപോലെ തന്നെ ബുദ്ധി കൊണ്ട് പെട്ടെന്ന് അതിനെ തസഫറാക്കിയിട്ട് അതിനൊക്കെ കോലപ്പെടുത്തിയെടുക്കാൻ കഴിയാത്തതിനെന്തോറിയും ലത്തീഫ് തുടങ്ങി ഇത് രണ്ടിനെ തൊട്ട് അതീതാണെന്നല്ലോ അപ്പൊ കൈബിൽ പൊട്ടു ലത്തീഫിന് വേണ്ട മനസ്സിലായ ആ നൂറാനീയത്തും നൂറിനെ കൊള്ള ചെറുക്കപ്പെട്ടതാണ് അസിനു നൂറാണ് പിന്നെ അപ്പൊ ദുർമണീയത്തല്ല പിന്നെ ഈ രോഗമായിട്ടല്ല അതിന്റെ ബന്ധം മലക്കൂത്തീയത്തും ജബ്രോതീയത്വം ഇത് നാസോത്തീയത്താണ് ഈ രോഗം ഇതിനേക്കല്ല അതിന്റെ തറവാട് മാത്രമല്ല ആനിമത്വം വിമാക്കാനവുമായ കോന്നു മുമ്പ് കഴിഞ്ഞുപോയ കാര്യങ്ങളെപ്പറ്റി എല്ലാം അറിയണ്ടെന്നുണ്ട് വഖുൽ മിന്ന അൻ നഫ്സൽ വുൻഫൗസൽ അഹിയ അല്ലാമതൻ ദറാകതനിൽ അശിയാ എന്ന് പറഞ്ഞു മുമ്പ് അറിയിയിട്ടുണ്ട് ആലിമതൻ ദറാകത്വാണ് വമാ യകൂനുണ്ടാകാൻ മോനെപ്പറ്റി പറഞ്ഞു അറിയാവും ദറാകട്ടുണ്ട് അന്നാ ബിന അൻ പോരുമില്ലാതെ അദാവമാ ഹജബഹ അൻ ഹാദൽ ഇൽമി ആ അറിഞ്ഞ് സ്റ്റോക്ക് ചെയ്തൊട്ട് അതിനെ ഹിജാബിച്ചിട്ടില്ല എല്ലാ ശുഗുഹാബി തടിമീൽ ബദൽ ബദനെ തടുപീതാക്കാനുള്ള ശുഹനുമായി ബന്ധപ്പെട്ടത് കൊണ്ടല്ലാതെ തടഞ്ഞിട്ടില്ല ഇതുകൊണ്ട് ആക്കിയപ്പോ മറ്റേത് വിട്ടു വരാം കുട്ടിക്കാലത്തെ പഠിച്ചാലും നമുക്ക് ഒത്തിരി ഓർമ്മിൻ്റെ ഇല്ലേ അത് ഓർമ്മമാരൊക്കെ പുതുക്കി തരുമ്പോൾ ആ പണ്ട് വരുമ്പോ മനസ്സിലാക്കുന്നതല്ലോ എന്ന് പറയും അയ്യോമിതിച്ചു വരും അതിനുമുമ്പിൻ്റെ അറിവ് അലസ്തറമ്പിക്കുന്നറിവ് തുടങ്ങിയില്ലേ ൾ ഹാസിലാക്കലുമായിട്ട് ചോദായത് കൊണ്ടല്ലാതെ പറഞ്ഞത് ഇതിന് തടഞ്ഞുതാരുന്നു ഒന്ന് ബദന വന്ന് തൊട്ട് വേദിപ്പിപ്പിക്കുന്ന നഫ്റ്റുകൾ മറ്റൊന്ന് ഷൈഫ്വാദി എന്നാൽ അവിടെ പറഞ്ഞിട്ട് ഈ പറയപ്പെട്ട മൂന്ന് തടസ്സങ്ങളോട് ആരാണോ സമരം ചെയ്യുന്നത് അത് തോൽപ്പിക്കുന്നത് എന്നധികരിക്ക മറ്റുള്ള ആളുകൾക്കില്ലാത്ത ഹക്കുല്ലാകത്ത് പറയുന്നത് പ്രാണമാക്കാൻ കഴിയും എന്ന് പറഞ്ഞു അതെന്താ പറയുന്നത് ീ പറയപ്പെട്ട സഹവാത്തുകൾ അകവാറുകളോട് ഉണ്ടാക്കി ആരെങ്കിലും സമരം ചെയ്ത് എന്താ അവാത അത് ശീലിച്ച ദുശീലങ്ങള് അതിനെല്ലാം പറിച്ചാല് ജാതിയില അസലി ആ ആത്മാവിടുത്തേക്ക് പോകുന്ന നേരെ അസലിയൊക്കെ കൊണ്ട് മടങ്ങും ഇതാണ് റസോബിന്റെ ഒട്ടാകെ തിയറിമൻ ലതുന്നീയത്താ അപ്പോ ലതുയായ പല ഉലോമുകളെയും ഇതാക്കി ചെയ്യും റബ്ബുമായി ബന്ധപ്പെട്ട പല അസറാറുകളെയും കിട്ടും അത് പിന്നെയാണ് പണ്ട് ഇബ്മുൽ ബാദീൻ പറഞ്ഞത് മഹമ്മദ് ഇമുൽ ബാഫീൻ അപ്പൊ ഇൽമുൽ ബാദിനെ തസ്ഗീതിൽ കൂടിയേ കിട്ടു മുജാഹരസ് അപ്പൊ പലവ് അലിമൽ അപ്പൊ ഈ ഇത്രയും മഹത്വങ്ങളെ കുറിച്ച് അറിവില്ലായ്മയാണിതുണ്ടായത് ഇവനെ ഇതാക്കാൻ പ്രേരിപ്പിച്ച വസ്തു അപ്പൊ പലവ് അലിമൽ ഇൻസാനും മനുഷ്യരെങ്ങാനും അറിഞ്ഞിരുന്നുവെങ്കിൽ യും അതിന്റെ ഷറഫിനെയും അറിഞ്ഞിരുന്നുവെങ്കിൽ അസന്റെ തൊട്ട് തടയാനുണ്ടാക്കിയ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ലഹത്ത ലഹലിഹ നഫ്സിന്റെ മേലും താങ്കൾ എന്തെങ്കിലും കൌശലം സ്വീകരിച്ചിട്ട് ഇതിനെ കീഴൊടുക്കുമായിരുന്നു ലഹത്താലോ എന്താണ് നമ്മുടെ പുറത്തു കിട്ടാത്ത വസ്തുക്കളെ കുടുക്കിയെടുക്കാൻ വേണ്ടിയിട്ടുണ്ട് തത്വം പ്രയോഗിക്കരുത് ഇപ്പം ഒരു പക്ഷി വസ്സിനെ ഞങ്ങൾക്ക് കേൾക്കപ്പെട്ടിട്ടുണ്ടല്ലോ അത് നമ്മളെ വശത്താക്കാൻ തെയ്യും ഒരു വല വെക്കും വല വെച്ച് തട്ടിയെടുക്കലാണല്ലോ ആരം പിടിക്കുന്നില്ലേ ആ കൗശല പ്രയോഗത്തെ എന്താ പറയുക ഹെറ്റാലാണ് അത് ശേഷം ശേഷം പ്രയോഗിക്കുന്നുണ്ട് അത് നസിലേക്ക് മടക്കിയെടുക്കാം എന്ന തരത്തിലുള്ള പല കൌശലപ്രകവും ചെയ്യുമായിരുന്നു പക്ഷെ ലാക്കിൻ അസലി കൊണ്ടുള്ള ജഹ്ലി തറക്കോ മഹജൂ ബിഹാ അതുകൊണ്ട് ബിഹാനില് ഈ പറയപ്പെട്ട ശഹവാത്തുകൾ കൊണ്ടും അഹ്റാദുകൾ കൊണ്ടും മഹജൂബായി തടങ്ങാനും അപേക്ഷിച്ചിരിക്കുക ഫൊസൂസിയത്തിനെല്ലാം അവർ ഇല്ലാതാക്കാൻ തുടങ്ങി വലുതാലിക്കാലിബിനും പറഞ്ഞില്ലേ അത് ഹരീദല്ലത് അതിനെപ്പറ്റി ഹരീദ്ണോ എല്ലാ എന്റെ ജനതം നാണൊക്കെ അവിടെ വരുന്നുണ്ട് രണ്ട് ഇരുന്നൂറ്റി അറുപത്തൊമ്പതാമത്തെ പേജിൽ അതിനെപ്പറ്റി ശരിക്കും പറയുന്നുണ്ട് അതെ അതിനെപ്പറ്റി പുറകുന്നുണ്ട് ആ എന്ന് പറഞ്ഞ അർത്ഥം എന്താന്ന് നഫ്സ് ഇത്രയും മഹത്വമേറിയതാണ് അതിന് ഇന്ന ഇന്നമാര് തടസ്സമുണ്ട് ആ തടസ്സങ്ങൾ ദൂരീകരിച്ചാൽ അതിന് പഴയ ഹാലത്തിലേക്ക് തിരിച്ചെത്താം എന്നുള്ള അറിവ് കരസ്ഥമാക്കി അതനുസരിച്ച് പ്രവർത്തിച്ച വബിന്നമാരിപ്പത്താഴ്ന്ന ലതുണ്യക്കെത്തുന്ന പറഞ്ഞർത്ഥം അതിന്റെ ഒരു വ്യാഖ്യാനം മറ്റൊരു വ്യാഖ്യാനം വേറുണ്ട് അത് ലഫ്സുലും അത് ഏക്കാതിലും കഴിഞ്ഞിട്ടുണ്ട് മറ്റേ ഇതിലും കഴിഞ്ഞിട്ടല്ല റായി പക്കത്ത് നമ്മളത്തിനുള്ളിൽ വെച്ചിട്ടുള്ള ഇഞ്ചിന്റെ ഇങ്ങനെ ഓട്ട ചാറ്റാക്കിയ നമുക്കറിയാതെ ഓദ്യാറത്തിന്റെ അതിന് കുറേ ഒന്നിനല്ല എല്ലാവത്തിനാണ് മിച്ചമായിരുന്നു പല വ്യാഖ്യാനങ്ങളും മൻ അറഫൻ അഫ്സഹു നെഫ്സിന്റെ അറിവ് അറബിന്റെ അറിവുമായി ബന്ധപ്പെടുത്തി നഫ്സിന്റെ ഏതറിവ് അതിന്റെ പല ഗോപങ്ങളും കീഴിലെ മൻഅറഫൻ അഫ്സഹു അതാ നഫ്സ് എപ്രകാരമായിരുന്നു എന്നതിന്റെ ആ അത് അത് നഫ്സിനെ പിടികൂടാൻ വേണ്ടി കൗശലങ്ങളൊക്കെ പ്രയോഗിച്ചാൽ ഹത്താ റബ്ദാലി അസലിഹ അന്റെ അസിലേക്ക് മടക്കി എടുത്ത് അടച്ചൊക്കെ ദൂരീകരിച്ചല്ലോ മടക്കിയെടുത്താൽ ഫക്കത് അറഫറബ് ബഹു റബിന് അറിഞ്ഞോ എന്ന് പറഞ്ഞാലോ മണിക്കൂടിയിട്ട് റബ്ബിൻ്റെ അറിഞ്ഞോന്നു വരും മറ്റൊരു മാനയുണ്ട് നഫ്സിഹി ഫറഫറബ് ബഹു നഫ്സിൻ ദ ഹഖീഖതുറ അർനംഗിൽ റബ്ബിനീ മഹ്നൂനേൻ അഥവണ്ടൈ അന്നഹു ഹസ്സല മഖാമൽ ജംഇ നഫ്സിൻ ദ ഹഖീഖതുറ അർനംഗിൽ ജമ്മിൽ ലുഖാമലത്തറ ജമ്മിൽ മഖാമ ജമ്മിൽ മഖാമ ഇത്തമ്മു അല്ലാഹു നബ്ജുല്ല അരീബിൻ ദ വാദില ദോർകപറു അപ്പോൾ മന്നർഫ നഫ്സഹുന ആനന്തായി ജമ്മിൽ ദ ഹാലത്തിൽ കേത്തിയാൻ എന്ന ഇബാറ പ്രയോഗത്തിന്റെ അർത്ഥതൈ ണം ഫർക്കിനെ തൊട്ട് ഹിജാബം പോണം അപ്പൊ ശരിയാ ജമ്മു ജമ്മി തന്നെ തിരിയുണ്ടാകാൻ പാടില്ല തനിയ മുഖാശീരന്തായു മസീദിൽ ബയാനിഹിൽ മക്കാലത്തിൽ രണ്ട് ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് കൂടുതൽ വരുന്നുണ്ട് പിന്നെ وَكَوْنِهَا فِي أَرْضِهَا خَلِيفَةً اِنَّهَا الْأَلْنَامَ دَعْنَمْ بَرْجَدِهِ هذا علم بثاني جعل قول نفسه خليفةً عن الله في أرضه مرد. الله بن بوميل الله بن تطل الله و الخليفة يعني بن نفسه النُّلَّذِكِ مِنَا رَجَدِ اللَّهِ بِنَّا فَدَرِيَدَ حِلَابَةٍ وَكَعَوَرُّكُمْ فَكَيْتَ اللَّهُ بِنَا مِنْ شَأْكِدِ قال الله تعالى فيه سأني آدم إني جاعل في النرب خليفانا من الله تعالى ولا أشكى أن الحق سبحانه وتعالى ركب هذا الروح اللطيفة لطيفة ويغوهني الله تعالى من القلبة وشركها في هذا المظهر الإنساني إنساني آيه مظهر لي قال الله إنسان مظهر عليه شديده قال الله إنسان لله ഇൻസാൻ ഏതാ ഇന്നുള്ള റുഹാന് ശരിക്കുള്ള ഇൻസാൻ ആ ഇൻസാന്റെ മതഹറാകുന്ന അഞ്ച അത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ശരീരമാണ് ഏത് ഈ കാന് ഞ ഞാൻ മദഹറുൽ ഇൻസാൻ ആ വേദി പക്ഷെ അത് അഭേദ്യമായി ബന്ധമുണ്ടോ അജാദാക്ക പറയുന്ന ഇൻസാനാകുന്നു ശരിക്കും മദനുൾ ഇൻസാൻ എന്ന് പറയാ അല്ലെങ്കിൽ മദഹറുൾ ഇൻസാൻ എന്ന് പറയാ മദോഹർ ഉൽസാനി അതാണെങ്കിൽ കസീഫ ഭൂമിയിൽ മണ്ണും വല്ലും വായും എന്തെല്ലാം അവിടെ കൂട്ടിയിട്ടുണ്ടാക്കിയ കഥാപത്ര സാധനം എന്നിട്ട് അവനെ ആക്കി എത്ത സമനി ഈ ലോകത്തിന്റെ ഇവൻ ക്രിയവിക്രം ചെയ്യുകയാണ് അളത്തിലേക്കും പോന്നു ഭൂമിയിലേക്ക് പോകുന്നു കടലിലേക്ക് പോകുന്നു കടലും ഭൂമിയിലേക്ക് മുങ്ങിയും ചെയ്യുന്നു